എട്ടിനങ്ങളാണവ ആടുകളിൽ രണ്ടിന്ങ്ങളും മാടുകളിൽ രണ്ടിന്ങ്ങളും നെബിയേ പറയുക രണ്ട് ആൺമൃഗങ്ങളെയാണോ അവൻ നിഷിദ്ധമാക്കിയത് രണ്ട് പെൺമൃഗങ്ങളെയാണോ അതോ രണ്ട് പെൺമൃഗങ്ങളുടെ ഗർഭപാത്രങ്ങളിലുള്ളതിനെയാണോ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അറിവോടെ എനിക്ക്